പർവ്വതങ്ങളെ നിങ്ങൾ നിശ്ചലമായി കാണും എന്നാൽ അവ മേഘങ്ങൾ നീങ്ങുന്നതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർമ്മിച്ച അള്ളാഹു സുഹാനഹു വറ്റആാലയുടെ സൃഷ്ടിയാണത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്